ഇരുപത്തി നാലാം അധ്യായത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു തന്നോട് ചോദിക്കുന്ന ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ആ ലക്ഷണങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ നാം ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന ഇന്നീ കാലഘട്ടത്തിൽ ഒരു കൺട്രോൾ റൂമിലിരുന്ന് പല കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റനെക്കുറിച്ച് നാം ഒരു ചിത്രം അവിടെ കാണുകയുണ്ടായി അതുപോലെ പിശാജ് തൻ്റെ അന്ത്യകാലഘട്ടത്തിൽ പല കാര്യങ്ങളെ നിയന്ത്രിച്ച് നാം ഈ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ചുറ്റിനും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബാഹ്യമായി കാണുന്ന യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നാം കാണുന്നു അതല്ലാതെ നമ്മുടെ ചുറ്റിനും പലതരത്തിൽ നമ്മുടെ പല രാജ്യങ്ങളിൽ തന്നെ ഉള്ള നേതാക്കന്മാർ പല നിയമങ്ങൾ പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പല രാജ്യങ്ങളിലും ഇന്ന് ഓട്ടോക്രാറ്റ്സ് ആയിട്ടുള്ള ഏകാധിപതികളായ നേതാക്കന്മാർ പല കാര്യങ്ങൾ പെട്ടെന്ന് അവർ തീരുമാനിക്കുന്നു നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം പെട്ടെന്ന് നഷ്ടമാകുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇന്ന് നമ്മുടെ പല രാജ്യങ്ങളിൽ ഇന്ത്യയിലും അമേരിക്കയിലും കൊറിയയിലും ചൈനയിലും മറ്റ് പല രാജ്യങ്ങളിൽ നടക്കുന്നു ഇസ്രായേലിൽ പല അടയാളങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കും പെട്ടെന്ന് എരുസലേമിൻ എരുസലേം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി അമേരിക്ക അത് അംഗീകരിക്കുന്നു അവരുടെ എംബസി അങ്ങോട്ട് അവർ മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നു അതിനെതിരെ മറ്റ് പല രാജ്യങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നു ഇങ്ങനെ ഈ ലോകത്ത് അന്ത്യകാലത്ത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് നിങ്ങൾക്ക് പിന്നീട് സമയമുള്ളപ്പോൾ നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ സെക്കരി അവൻ്റെ പുസ്തകം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളിൽ ദാനികലൻ്റെ പുസ്തകത്തിൽ ദാനികലുണ്ടായ ദർശനങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുള്ള പല ഭാഗങ്ങൾ ഈ മത്ത ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പല അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ മത്ത ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇവിടെ പറയുന്നു ഇതൊക്കെയും ജാതി ജാതി ഏഴാം വാക്യം ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റനോവിൻ്റെ ആരംഭമത്രേ അതിനുശേഷം ഇതൊക്കെ അവസാന കാലഘട്ടത്തിൻ്റെ അന്ത്യത്തിൻ്റെ ഒരു ആരംഭമാണ് എന്ന് പറഞ്ഞ് പിന്നീട് കർത്താവ് പറയുന്നു അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എൻ്റെ നാമനൃത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഇവിടെ ദ്വീപചനത്തിൽ ഇപ്രകാരം പലതരത്തിലുള്ള സംഭവങ്ങൾ നാം കാണുന്നു കേൾക്കുന്നു എന്നാൽ ഇവിടെ ഇവിടെ അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിൽ ഈ രണ്ടാമത്തെ ഷിപ്പിൽ നമ്മൾ കണ്ട പല അധർമ്മങ്ങൾ ഈ ലോകത്തിൽ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പിശാജ് തൻ്റെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും നിറയ്ക്കുവാനായിട്ട് പിശാജ് പല ഒരു കാര്യം വരുന്നു എല്ലാവരും വിചാരിച്ചു ആ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൻ്റെ അഡിക്ഷൻ ഫേസ്ബുക്കിലെ കാര്യങ്ങൾ അത് എന്ന് വിചാരിച്ച് അത് ഒരുവിധം പരിചയവെച്ചപ്പോഴത്തേക്ക് ഉടനെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് വാട്സാപ്പ് അല്ലെങ്കിൽ ഉടനെ ആദ്യം പിള്ളേരൊക്കെ ചെറിയ പ്രൊജക്റ്റ് പോലെ ചെയ്തിരുന്നത് ഒരു ചാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നെറ്റ്വർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാനായിട്ടൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓർഡിനറി ചാറ്റല്ല വീഡിയോ ചാറ്റായി മാറി ടെക്നോളജി പോലും ഈ രീതിയിൽ ഒരു കൺട്രോൾ റൂമിലിരുന്ന് പിശാജ് നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ അധർമ്മം പെരുകി അവൻ്റെ സ്നേഹം തണുപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൻ്റെ ഒരു ലക്ഷണമാണ് അനേകരുടെ സ്നേഹം തണുത്തു പോകും സ്നേഹം തണുത്തു എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ആണ് രക്ഷിക്കപ്പെടുക പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ചൂട് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ഹൃദയത്തിൽ തണുപ്പുണ്ടാകും എന്ന് ദൈവവചനം പറയുന്നു അപ്പൊ ദൈവവചനത്തിൽ ഇങ്ങനെയൊരു അന്ത്യകാലഘട്ടത്തിന് മുന്നറിയിപ്പായിട്ട് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് വന്ന് നമ്മൾ ആ തണുപ്പിൽ തുടരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിത്രം ഞാനിവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാനത് പങ്കുവെക്കുകയുണ്ടായി നേരത്തെ പണ്ട് വിറകടുപ്പായിരുന്നു ഈ വിറകടുപ്പിൽ വിറകടുപ്പില് ഈ പല കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ ഇപ്പം എല്ലാം ഗ്യാസ് സ്റ്റൗവും ഇലക്ട്രിക് സ്റ്റൗവും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലാത്ത നിങ്ങൾ വിറകടുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ വിറകടുപ്പിലെ തീ കുറയുന്നത് എപ്പോഴാണ് അതിലുള്ള ഉണ്ടായിരുന്ന അകത്ത് വച്ചിരുന്ന വിറക് അത് ഒരുപക്ഷെ കത്തി തീർന്നു അത് കഴിഞ്ഞ് അതിൻ്റെ തീ കുറയുമ്പോൾ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത് ആ പുറത്തിരിക്കുന്ന വിറക് തള്ളി അകത്തോട്ട് കയറ്റി വയ്ക്കണം അപ്പോൾ വീണ്ടും അകത്തോട്ട് വിറക് ക തള്ളി വയ്ക്കുമ്പോഴാണ് ആ വിറകിന് കത്താനായിട്ട് ഒരു ഫ്യൂവൽ വേണം എന്നാൽ മാത്രമേ അവിടെ ജ്വാല ഉണ്ടാവുകയുള്ളു എനിക്ക് ചൂട് വേണം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ചൂടിനുള്ള ഫ്യൂവൽ എന്താണ് ആ ഫ്യൂവൽ എന്ന് പറയുന്നത് ആ വിറകാണ് ആ വിറക് എന്ന് പറയുന്നത് നമ്മളാണ് അപ്പം നമ്മെ തന്നെ നാം പൂർണമായി ആ തീയിലേക്ക് ആ അടുപ്പിലേക്ക് നമ്മെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ നമ്മിൽ ചൂടുണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ ഈ തണുപ്പിൽ ആ ചാരത്തിൽ ആ ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന കത്തലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മങ്ങി തണുത്ത് ഇരിക്കുകയാണ് ആ ചൂട് വീണ്ടും വേണമെങ്കിൽ നമ്മെ തന്നെ വീണ്ടും കുറച്ചുകൂടെ പൂർണ്ണമായി മുമ്പോട്ട് നമ്മെ തള്ളി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിക്കണം ഇന്ന് ഈ മീറ്റിങ്ങുകൾ ക്യാമ്പുകളൊക്കെ നിങ്ങളെ വീണ്ടും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവേ അവസാന കാലത്ത് ഹൃദയത്തിൽ ചൂടിൽ നഷ്ടപ്പെട്ട് തണുപ്പുണ്ടാകുമെന്ന് അങ്ങയുടെ വചനം പറയുന്നല്ലോ കർത്താവ് എൻ്റെ ഹൃദയം തണുത്തു പോകരുത് ഞാനിതാ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ വിറക് ആ തീക്ക് അകത്തേക്ക് വീണ്ടും തള്ളിവെക്കുന്നത് പോലെ നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക അവിടെയാണ് ദൈവത്തിന് നമ്മെ കത്തിക്കുവാനായിട്ട് കഴിയുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഇതും ഞാൻ ചില സ്ഥലങ്ങളിൽ പങ്കുവെച്ച ഒരു കാര്യം ഞാൻ പെട്ടെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ഇസഹാക്ക് തന്നെ തന്നെ പൂർണമായി അൽ അർപ്പിച്ച ഒരു വ്യക്തിയായും നമ്മൾ എബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു തന്നെ തന്നെ പൂർണ്ണമായി അർപ്പിച്ച ഒരു വ്യക്തിയായും ആ ഇസഹാക്കിൻ്റെ യാഗം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇഷ്മേലിൻ്റെ ഒരു മനോഭാവത്തെ നമുക്ക് കാണാം നമുക്ക് എബ്രഹാമിനെ പിതാവായ ദൈവമായിട്ടും ഇസഹാക്കിനെ നാമായി നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ചിത്രമായിട്ട് അതിനെ നാം കാണുകയാണെങ്കിൽ നമുക്ക് എപ്രകാരമാണ് നാം ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി അർപ്പിക്കേണ്ടത് നമ്മെ തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പുഷ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ നമുക്ക് കുറച്ച് ഇൻസൈറ്റ്സ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ഇസ് ഇഷ്മേലിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഏകദേശം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പശ്ചാത്തലവും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്മേലിനും ഏകദേശം പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇഷ്മേൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ട് ഉള്ള സമയമില്ല ഞാനതിന് മുതിരുന്നില്ല എന്നാൽ ഇഷ്മലിനെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഇഷ്മയിലിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്ത് അവിടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അവിടെ ഇഷ്മലിനെ ഹാഗാറിനെയും ഇഷ്മലിനെയും അവിടെ എബ്രഹാം വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആ സമയത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നു അവിടെ വായിക്കുമ്പോൾ പതിനാലാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക എബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹകാറിൻ്റെ തോളിൽ വെച്ചു കുട്ടിയേയും കൊടുത്തു അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷേബാ മരുഭൂമിയിൽ ഉഴന്ന് നടും അപ്പം എബ്രഹാമിനെ സംബന്ധിച്ചോളം എബ്രഹാം ഇവിടെ അപ്പവും ഒരു തുരുത്തി വെള്ളവും ആ തുരുത്തിക്കകത്ത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആ കുട്ടിക്കും അമ്മയ്ക്കും കുടിക്കുവാൻ ഉതകുന്ന വെള്ളം എബ്രഹാം എടുത്ത് ഹാഗാറിൻ്റെ ചുമലിൽ വെക്കുമ്പോൾ അത് കുറച്ച് ഹെവിയാണ് ഹെവിയായിട്ടുള്ള ഈ ലോഡ് എബ്രഹാമിന് അത് എടുത്ത് തൻ്റെ മകനായ ഹാ ഇഷ്മായലിന് കൊടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല ഇഷ്മേലിനെ നാം അതിൻ്റെ മുമ്പ് നാം അവിടെ വായിക്കുന്നത് ഒമ്പതാമത്തെ വാക്യം അവനൊരു പരിഹാസിയായിരുന്നു അവൻ അവന് ദൈവത്തോട് സ്വന്തം പിതാവിനോട് അല്ലെങ്കിൽ അവൻ്റെ എബ്രഹാമിനോട് അവനൊരു പരിഹാസിയുടെ മനോഭാവം പുലർത്തുന്നവനായിരുന്നു അവൻ ദൈവത്തിന് തന്നെ തന്നെ അർപ്പിക്കാത്തവനായിരുന്നു എല്ലാ ദൈവിക കാര്യങ്ങളോടും ആത്മീയ കാര്യങ്ങളോടും ഒക്കെ ഒരു പരിഹാസ മനോഭാവം പുലർത്തുന്നവനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അവൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കുന്നതോടൊപ്പം ദൈവത്തിനോട് മത്സരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി അവൻ അവൻ്റെ ആകാറിൻ്റെ തോളിലാണ് ഇവിടെ എബ്രഹാം ആ ഭാരം എടുത്തു വയ്ക്കുന്നത് അവൻ ഒരു ഭാരവും ചുമക്കാത്തവൻ കൈയും വീശി നടക്കുന്നവൻ അങ്ങനെ ഉള്ള ഒരു ബാലനെ ആയിട്ടാണ് നാം ഇഷ്മലിനെ കാണുന്നത് പരിഹാസിയായ ഉത്തരവാദിത്വം എടുക്കാത്ത ആത്മീകമായി ഒരു ഉത്തരവാദിത്വമില്ലാത്ത പരിഹാസി പരിഹാസിയായി ഉള്ള ഒരു ചെറുപ്പക്കാരൻ താൻ ഉത്തരവാദിത്തങ്ങൾ എടുക്കാതെ അമ്മയുടെ ചുമലിലേക്ക് ഉത്തരവാദിത്തങ്ങളെ തള്ളിവിടുന്നവൻ എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നാം ഇസഹാക്കിനെ കാണുകയാണെങ്കിലും ഇസ്ഹാക്കിനെ നോക്കുക ഇസഹാക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇസഹാക്കിനെക്കുറിച്ച് വായിക്കുന്നു എബ്രഹാമിൻ്റെ ആ സാക്രിഫൈസിനെക്കുറിച്ച് നാം ഒത്തിരി കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇസഹാക്കിനെയും കൂട്ടി ആ മോറിയയുടെ മുലയിൽ മലയുടെ താഴെ വന്നതിന് അഞ്ചാം വാക്യം എബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുകയും ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി എന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം ഇബ്രഹാം ഹോമയാകത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും താനെടുത്തു അവർ ഇരുവരും ഒന്നിച്ച് നടന്ന് ഇവിടെ ഇതാ ഉത്തരവാദിത്തങ്ങൾ എടുക്കാതെ ഒഴിഞ്ഞു മാറിയ പകരമായി ആ അതിലും ഒരുപക്ഷെ ആ തുരുത്തിയിലും ഭാരമുള്ള ആ വിറക് സ്വന്തം ചുമലിൽ വെച്ച് ഇരുവരും ഒന്നിച്ച് നടന്നു തന്നെ തന്നെ വിധേയപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി അർപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ തൻ്റെ ജീവിതത്തെ വിധേയപ്പെടുത്തുവാൻ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറായി അവന് അവൻ്റെ പിതാവിനോടൊപ്പമുള്ള ഒരു നടത്തം അവനുണ്ടായി ദൈവത്തോടൊപ്പമുള്ള ഒരു നടത്തം ദൈവത്തോടൊപ്പമുള്ള ചൂടുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള ഒരു നടത്തം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ ആദ്യമായി നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് തയ്യാറാകണം നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ ആ മീറ്റിങ്ങിലും നാം പറയുകയായിരുന്നു പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു പക്ഷേ നമ്മെ തന്നെ നമുക്ക് നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല നമ്മെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല ദൈവത്തിൻ്റെ കരത്തിൽ ഇവിടെ ഇതാ താൻ തൻ്റെ ചുമലിൽ വെച്ച് അവൻ ചോദ്യങ്ങളില്ലാതെ അവൻ പിതാവിനോടൊപ്പം നടന്നു അതിനുശേഷം നമ്മൾ വീണ്ടും പല പ്രാ നമ്മൾ വായിക്കുന്നുണ്ടോ എട്ടാം വാക്യത്തിലും അവന് അവൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചതിന് അവന് ഉദ്ദേശിക്കുന്ന മറുപടിയൊന്നും അവന് കിട്ടിയില്ല പക്ഷേ അവൻ അവൻ വീണ്ടും പിതാവിനോടൊപ്പം അവൻ നടക്കുന്നു അവർ ഇരുവരും ഒന്നിച്ച് നടന്നു ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എബ്രഹാം ഒരു യാഗപീഠം പണിതു വിറകടുക്കി തൻ തൻ്റെ മകൻ ഇസ്സഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി അപ്പോ അപ്പോഴും തന്നെ തന്നെ പൂർണമായി അർപ്പിച്ച ഒരേ സഹാഖ് പൂർണ്ണമായി അർപ്പിച്ച ഒരേ സഹാഖ് നമ്മെ സംബന്ധിച്ചോളം പ്രിയ കുഞ്ഞുങ്ങളെ നമുക്കെപ്പോഴും നമുക്ക് പേടിയാണ് നമ്മെ തന്നെ ഈ കേൾക്കുന്ന സത്യങ്ങൾക്കൊക്കെ മുമ്പാകെ നമ്മെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുമോ എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ നാം പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ചൂടുള്ളതാകുന്നത് നമ്മെ നാം നമ്മെ തന്നെ നാം നമ്മെ തന്നെ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ദുസ്സഹമായി മാറുകയാണ് ഒരു മരുഭൂമിയുടെ വരണ്ട അനുഭവമായിരുന്നു ഇഷ്മലിൻ്റെത് എന്നാൽ ഇസഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലും അവിടെ ആ ഇസഹാക്കിൻ്റെ സമർപ്പണത്തിൻ്റെ ഇടത്താണ് ആ മോറിയ മലയിലാണ് പിന്നീട് യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് യ കാൽവരി ക്രൂശിലെ യാഗത്തിൻ്റെ ഒരു മുൻനിഴലായിരുന്നു ഇസഹാക്കിൻ്റെ സമർപ്പണം നമ്മെ സംബന്ധിച്ചോളം ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെയൊക്കെ മുമ്പാകെ പൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കർത്താവേ എനിക്ക് ഒരുപക്ഷെ എല്ലാം മനസ്സിലാകുന്നില്ല എനിക്കിതെല്ലാം എൻ്റെ എൻ്റെ ആലോചന കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നില്ല എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് തോന്നുന്നു എന്നാൽ കർത്താവെ അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല എന്നെ നടത്തുന്നത് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല എന്നോട് ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ചില കാര്യങ്ങൾ എടുക്കുവാനായിട്ട് അങ്ങനോട് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ചില നിലപാടുകൾ എടുക്കുവാനായിട്ട് അങ്ങനോട് പറയുന്നത് അങ്ങനെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും എന്ന് നിങ്ങൾ പറയുന്നിടത്ത് അവിടെ ദൈവത്തിൻ്റെ തീ അവിടെ ഉണ്ടാവും ഈ അന്ത്യകാലങ്ങളിൽ അവസാന നാളുകളിൽ നമുക്ക് പലതരത്തിലുള്ള പീഡനങ്ങൾ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമെന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കും അങ്ങനെയുള്ള പീഡനങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു നിലപാടോടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം ഇന്ന് നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും നമ്മൾ അവിടെ ചെന്ന് ക്ലാസ്സിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ കളിയാക്കുന്നു അതുകൊണ്ട് ഞാൻ ആകെ നിരാശനായി ഇങ്ങോ മടങ്ങിപ്പോന്നു അല്ലെങ്കിൽ ഓ നീ അതിനെ പോകുന്നില്ല ആ നീ ഒരു ക്രിസ് ഉപദേശി എന്ന് നിന്നെ വിളിക്കുന്നു ആ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ പലപ്പോഴും പേടിയാണ് ഒരു കാര്യത്തിനൊരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇപ്പോൾ നാം അന്ത്യകാലത്താണ് അവസാന സമയങ്ങളിലാണ് എന്ന് ദൈവവചനം രേഖപ്പെടുത്തുന്നു ദൈവവചനം രേഖപ്പെടുത്തുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഇതിനെക്കാട്ടിലും ഒക്കെ നീ ഇവിടെ ഒരു ഒത്തുതീർപ്പുകാരനായി ഇവിടെ നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഈ തരത്തിലുള്ള ഒരു കള്ളം പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഇവിടെ ഈ വിഗ്രഹത്തെ നീ വടങ്ങുന്നില്ല എങ്കിൽ നിനക്ക് നിന്റെ ജോലി നഷ്ടപ്പെട്ടു പോകാം നിനക്ക് നിന്റെ പഠനം ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം നാം ദൈവവചനത്തിൽ നാം കാണുന്നത് അവസാന പലതരത്തിലുള്ള പീഡനങ്ങൾ വരും നാം ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ സംഭവിച്ചതുപോലെ ആദ്യ നൂറ്റാണ്ടുകളിൽ പല പല കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ ദൈവത്തിൻ മാതാപിതാക്കളുടെ മുമ്പാകെ കുഞ്ഞുങ്ങളെ നിർത്തി കുഞ്ഞുങ്ങളോട് പറയുന്നു നീ യേശുവിനെ തള്ളിപ്പറയുക യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്ക് മാതാപിതാക്കളൊപ്പം പോകാം നീ യേശുവിനെ തള്ളിപ്പറയുന്നില്ല എങ്കിൽ ഇതാ ആദ്യം നിൻ്റെ മാതാപിതാക്കളെ കൊന്നുകളയും അങ്ങനെ പറഞ്ഞപ്പോഴും പന്ത്രണ്ട് വയസ്സുള്ള ബാലിക ഞാൻ ക്രിസ്തു ചരിത്രം പഠിച്ചപ്പോൾ രക്തസാക്ഷികളുടെ ചരിത്രം പഠിച്ചപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഞാൻ യേശുവിനെ തള്ളിപ്പറയുകയില്ല യേശുവിനെ തള്ളിപ്പറുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പനെയും അമ്മയെയും ഓരോരുത്തരെയായി കൊന്നു ആ കൊന്നപ്പോഴും പതറാതെ ആ പെൺകുട്ടി നിന്നു അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയേയും അവർ കൊന്നു ഇത് ഇതിനു മുമ്പ് ഉള്ള കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയങ്ങളിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുന്നു നാം അവസാന സമയങ്ങളിൽ ഇപ്രകാരം പീഡനമുണ്ടാകും ആ പീഡനത്തിലൂടെ നാം അവസാനത്തോളം സഹിച്ചു നിൽക്കണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ പല സാഹചര്യങ്ങളും മാറി മാറി വരുന്നു ഇന്നുള്ള നമ്മുടെ പ്രോസ്പെരിറ്റി ഗോസ്പെൽ നക്കുന്ന പല സത്യങ്ങളും ആളുകൾ ഒരു തരത്തിലുള്ള ആരോഗ്യവും ഓരോ കാര്യങ്ങൾക്കും എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടും ബ്രദർ നേരത്തെ പറയുകയുണ്ടായി ആ പരീക്ഷ വരുമ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരീക്ഷ എനിക്ക് നല്ല മാർക്ക് രോഗം വരുമ്പോൾ എനിക്ക് അത് മാറണം അതിനപ്പുറത്ത് ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ നിലപാടെടുക്കുവാൻ ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവിനെ തള്ളി പറയുകയില്ല പറയാതെ നിൽക്കുവാനായിട്ട് ഉറപ്പോടെ നിൽക്കുവാൻ ധൈര്യമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായി മാതാപിതാക്കളായി നാം മാറിയണം നിൻ്റെ മകനെ നിൻ്റെ മകളെ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നാൽ നീ ദൈവത്തിനെ തള്ളിപ്പറയാതെ നീ നിൽക്കുമോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നാം ദൈവത്തെ തള്ളിപ്പറയാതെ നിന്നാലേ ഇങ്ങനെ വലിയ പീഡനങ്ങൾ വരുമ്പോൾ ആ പീഡനത്തിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പീഡനം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഒരു ഒരു തിയറി ആയിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവിടെ അങ്ങ് ആ രാജ്യത്ത് നടക്കുന്നു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കും ഇപ്പോൾ നമ്മൾ പറയുന്നു അല്ല അത് തമിഴ്നാട്ടിൽ ഉണ്ട് കേരളത്തിലും ചില സ്ഥലങ്ങളിൽ തമിഴ് ഞാൻ ഇന്നലെ ആരോ തമിഴ്നാട്ടിൽ ചില സഭകൾ അവർ അടയ്ക്കണം അവിടെ അവർക്ക് സഭയായിട്ട് കൂടാൻ പറ്റില്ല എന്ന് ഇന്നലെ ചില ഇടത്ത് അപ്രകാരം ചില സഭകൾ അടപ്പിച്ചു എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി ഇപ്രകാരം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം നിങ്ങൾക്ക് ചൂടുണ്ടാകണം ചൂടില്ലാതെ ഇങ്ങനെ ഒരു നമ്മളെ ലവോദിക്കിയ സഭയെ പോലെ ശീതോഷ്ണവാന്മാരായിരുന്ന എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക ഒരു കൊച്ചു കൊച്ചു കാര്യത്തിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയുന്നവരാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് കഴിയുക അതുകൊണ്ട് ഈ ക്യാമ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ കാലുകൾക്ക് ബലമുള്ളവരായിത്തീരട്ടെ നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാതെ കർത്താവെ എൻ്റെ ഭാവി അങ്ങയുടെ കയ്യിൽ ഭദ്രമാണ് അങ്ങെന്നെ സ്നേഹിക്കുന്നു എന്നെനിക്ക് ഉറപ്പാണ് ഞാൻ എനിക്കെല്ലാം മനസ്സിലായില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് ഏൽപ്പിച്ചു തരുന്നു പൂർണ്ണമായി ഞാൻ വിധേയപ്പെടുത്തി തരുന്നു അങ്ങയുടെ തീ എന്നിൽ ആളി കത്തുവാനായിട്ട് ഞാൻ എന്നെ തന്നെ ഇതാ കർത്താവെ ആ അഗ്നിയിലേക്ക് എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു അങ്ങനെ ഏൽപ്പിച്ചു നിങ്ങൾ തീർ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് ജ്വലിക്കുവാനായിട്ട് കഴിയും നിങ്ങളൊരു ശീതോഷ്ണാവസ്ഥയിൽ നിങ്ങൾ തുടരേണ്ട ആവശ്യമില്ല പലപ്പോഴും നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തിയ നിങ്ങളിൽ പലരും ഒരുപക്ഷെ ആരോടും പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പറയും ബ്രദറെ ഞാനൊരു ശീതോഷ്ണാവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു വാട്ട പരുവത്തിലാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട് യഥാർത്ഥത്തിലൊരു ചൂട് എനിക്കില്ല അത് ദൈവത്തിന് നിങ്ങളെ യഥാർത്ഥത്തിലുള്ള അങ്ങനെയുള്ള ഒരു ചൂട് ദൈവത്തിന് നിങ്ങൾക്ക് തരുവാനായിട്ട് കഴിയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങളെപ്പോലെയുള്ള ഒരു ബാലകൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു ദാനിയൽ ദാനിയലിനാണ് ദൈവം അന്ത്യകാലത്തെക്കുറിച്ച് ഒത്തിരി ദർശനങ്ങൾ കൊടുത്തത് ദാനിയലിൻ്റെ കാലഘട്ടത്തിൽ ദാനിയൽ അന്ന് കണ്ട ദർശനത്ത് ഈ ലോകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മരണം അലക്സാണ്ടർ ചക്രവർത്തി വരുമെന്നുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിക്ക് നേരം ശേഷം നാല് ജനറൽമാർ വരും ഇതൊക്കെ അന്ന് ഗ്രീസിലും ടർക്കിയിലും ആ ഭാഗങ്ങളിൽ ഈജിപ്റ്റിലും ഒക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതെല്ലാം ദാനിയലിന് ദർശനമായിട്ട് നട ഇനിയും വരാനുള്ള പല കാര്യങ്ങളും ദാനിയലിൻ്റെ പ്രവചനത്തിൽ സംഭവിക്കുണ്ട് വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട് ഈ ദാനിയൽ ആരായിരുന്നു നിങ്ങൾ നിങ്ങൾക്കറിയാമോ ഈ പതിനേഴ് വയസ്സുള്ള നിങ്ങൾക്കറിയാം പതിനേഴ് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ അവൻ ദൈവത്തിന് ഒരു നിലപാടുള്ളവനായിരുന്നു അവൻ പറഞ്ഞു ഞാൻ എന്നെ തന്നെ മലിനമാക്കുകയില്ല അതുകഴിഞ്ഞ് അവൻ ആ നിലപാട് തൻ്റെ സുഹൃത്തുക്കൾക്ക് അവൻ പകർന്നു തൻ്റെ സുഹൃത്തുക്കളാൽ സ്വാധീനിക്കപ്പെട്ട ഒരു വാട്ടപ്പരുവത്തിലുള്ള ക്രിസ്ത്യാനി ആയിരുന്നില്ല തൻ്റെ സുഹൃത്തുക്കൾക്കും ചൂട് പകർന്ന് ബലം പകർന്ന് തൻ്റെ സുഹൃത്തുക്കളായ ശദ്രക്കും മേശക്കും അഭിരകവും അവരെന്താണ് പറഞ്ഞത് ഈ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങുകയില്ല ഈ നബുക്കത്നീസ്വറിൻ്റെ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങുകയില്ല ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ വണങ്ങുകയില്ല നിങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയുമോ നിങ്ങളുടെ ഓരോ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഒരുപക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവെ എന്നെ വിടിവിക്കണമേ വിണമേ വിടിവിക്കണമേ കർത്താവ് എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തുണ്ടായാലും ഞാൻ അങ്ങേ തള്ളിപ്പറയുകയില്ല ഞാൻ അങ്ങേക്ക് വേണ്ടി നിൽക്കും ഞാൻ കർത്താവെ ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസ് ചെയ്യുകയില്ല എൻ്റെ കൂട്ടുകാരെന്നെ തെറ്റിദ്ധരിച്ചോട്ടെ സാരമില്ല എൻ്റെ സുഹൃത്തുക്കൾ എന്നെക്കുറിച്ച് തെറ്റായി പറഞ്ഞോട്ടെ സാരമില്ല ഞാൻ കർത്താവെ ഒരു നിലപാടോടെ ഞാൻ നിൽക്കും അതാണ് ദാനിയലിൻ്റെ ആത്മാവ് അതാണ് ക്ഷദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അഭേദനഗോവിൻ്റെയും ആത്മാവ് ആ ഒരു ആത്മാവോടെ ചൂടോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാരായി നിങ്ങൾ മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ കേട്ട ദൈവവചനങ്ങളെല്ലാം ആ രീതിയിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയും നിങ്ങൾ ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഊഷ്മളതയിലേക്ക് നിങ്ങൾ വരട്ടെ കർത്താവ് നമ്മെ സ്നേഹിച്ച് തന്നെ തന്നെ പൂർണമായി നമുക്ക് കർത്താവിനോട് തിരിച്ച് എങ്ങനെയാണ് ആ സ്നേഹം പകരാനായിട്ട് കഴിയുക കർത്താവിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് കർത്താവിന് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം തൻ്റെ സ്നേഹത്തെ നമ്മോട് കാണിച്ചത് വാക്കിലല്ല തൻ്റെ ഏകജതനായി പുത്രനെ നമ്മെ നൽകിക്കൊണ്ട് ദൈവം സ്നേഹിച്ചു നമുക്കും ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുക നമ്മെ തന്നെ പൂർണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ് ദൈവത്തിന്റെ അഗ്നി ഉണ്ടാകുന്നത് ദൈവം നിങ്ങളെ ആ രീതിയിൽ അനുഗ്രഹിക്കട്ടെ ആ